ദക്ഷിണു മധുരം കീർത്തലാ മധുസുക്തൂർഗതവ്യാഗതൈഭവോ യഞ്ചാനന വുഷാ വ്യഷ്ടവിശ്വാസ്മ പ്രഹ്ലാദ തണമുഷ്ട്രമാണം ശരീന്ദരചൂടാ ജ്യോതിർദക്ഷിണമൂർവ്യാധോത്തമാഖ്യം തദ്ദേശാചാര ചിത്സുഖമുനിദീപിതാ വിദുഷ പ്രണന മഹാമോഹാമദാരമസ്കൃോ സ്ത്രാശയാത്മനി പറയുന്നത് എന്താണ് തമസിൽ നീലരൂപം ഉണ്ടെന്ന് നീലരൂപം കാണുന്നുണ്ട് താർഗയും പറയുന്നത് വെറും ഭ്രാന്തിയാണ് അവിടെ നീലരൂപമൊന്നും എന്തുകൊണ്ട് ഗന്ധത്തിന്റെ വ്യാപ്യമാണ് നീലരൂപം ഗന്ധാഭാവേ നീലരൂപാഭാവ് തമസ്സിൽ ഗന്ധമില്ല അത് അദ്ദേഹം അംഗീകരിക്കുന്നവരെയും ഉണ്ടോ ഇല്ല എന്നാണ് അതിനുവേണ്ടി ഒരു വ്യാപ്തി പറഞ്ഞെന്താണ് എത്രയെത്രൂപം തത്രയാത്ര നീലരൂപം തത്രയാത്ര ഗന്ധം വ്യാപകാഭാവേ വ്യാപ്തി അഭാവം ഗന്ധാഭാവേ നീലരൂപഭാവം പിതാർ പറയുന്നതാണോ അപ്പൊ അത് ഇത് പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയല്ല കാരണം നിങ്ങൾ പറയുന്നത് വ്യാപ്തി ശരിയല്ല അതിന് ഞങ്ങൾ പറയുന്നത് എന്താണോ എത്ര എത്ര അനുഷ്ഠാശീത സ്പർശ തത്ര ഗന്ധ എന്നാൽ എത്ര ഗന്ധാഭാവ അനുഷ്ണാശീതസ്പർശ അങ്ങനെയില്ല വായു ഇത് സാറിന് നമ്മൾ വാദപരിവാദത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി പറയുക എന്ന് എത്ര എത്ര അനുഷ്ണാശീത സ്പർശ അത്ര അത്ര ഗന്ധ അങ്ങനെ ഒരു വ്യാപ്തിയില്ല ഉണ്ടോ എവിടെ എവിടെയെല്ലാം അനുഷ്ഠാശീത സ്പർശം അവിടെ എവിടെയെല്ലാം ഗന്ധം എന്ന് പറയാൻ പറ്റൂ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എടുത്തിട്ട് വ്യാപ്തി പറയാൻ പറ്റൂ വ്യാപ്തി പറയുമ്പം അനുഷ്ഠാശീത സ്പർശമുള്ള എല്ലാ സ്ഥലങ്ങളും എടുക്കും പിന്നെ വാദം എന്ന് പറയുന്നത് താർക്കിയ പദാർത്ഥങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നിഷേധിച്ചിട്ട് വേണമെങ്കിൽ പറയാൻ ഞങ്ങളതൊന്നും അംഗീകരിക്കുന്നില്ല പക്ഷേ വാദം മുന്നോട്ട് പോണെങ്കിൽ എന്ത് വേണം താർക്കിയൻ പറയുന്ന പദാർത്ഥങ്ങൾ അംഗീകരിക്കണം താർക്കിയൻ പറയുന്നു പൃഥിവിനും അനുഷ്ഠാശീത സ്പർശമുണ്ട് വായുവിനും അനുഷ്ഠാശീത സ്പർശ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ എത്ര എത്ര അനുഷ്ഠാശീതസ്പർശം ഗന്ധം അങ്ങനെ ഒരു വ്യാപ്തി പറയാൻ പറ്റില്ല പറയാൻ പറ്റിയില്ലെങ്കിൽ ഗന്ധാഭാവേ അനുഷ്ഠാശീതസ്പർശം അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും വാദ്യം അദ്വൈതി അതാണ് പറഞ്ഞത് എന്താണ് എത്തുഗന്ധാഭാവേ തദ്വ്യപ്തം നീല ഒരുപൂമ ദിനി തഥിനാ കൃഷ്ണാതിർശിയാം ഗന്ധാതി വ്യാപ്ത അത് പറയുന്നു പൃഥിവിയിലേ ഉള്ളൂ ആ വ്യാപ്തി പൃഥ്വി പറയുന്നു സർവ്വത്രയില്ല എത്ര അത്ര അനുഷ്ണാസീതസ്പർശ അത്ര അത്ര ഗന്ധ പൃഥിവിയാമെന്ന് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ അത് വ്യാപ്തിയല്ലോ അത് തത് അഭാവേവി മരുതി പ്രീതേരവ അംഗീകാര വായുവിൽ പ്രതീതി കൊണ്ട് സ്പർശത്തെ അതുപോലെ എന്താണ് എത്ര നീലരൂപ തത്ര ഗന്ധ ഗന്ധാഭാവേവി നീലരൂപ തമസി എന്ന് ഞങ്ങൾ പറയും എന്ന പറയുന്നു പറ ഈ പറയുന്ന വ്യാപ്തിയില് പോരായ്മയുണ്ടെന്ന് അദ്വൈതിക്ക് തന്നെ അറിയാം ഉം അതുകൊണ്ട് ശരിയായ വ്യാപ്തി ആരെ കൊണ്ട് പറയിക്കുന്നു താർക്കികനെ കൊണ്ട് പറയിക്കയാണ് ഇപ്പോഴാണ് താർക്കികം പറയുന്നത് നിങ്ങള് പറഞ്ഞ അല്ലല്ലോ വ്യാപ്തി വ്യാപ്തി എങ്ങനെയാണോ എത്രയെത്ര പാക നീലരൂപ തത്ര തത്ര ഗന്ധ എന്ന് തർഗ്യം പറയുമ്പോൾ അദ്വൈതയുടെ പക്ഷത്തിലേക്ക് വന്നു അല്ലേ എത്രയെത്ര പാകചുഷ്ണാസീതസ്പർശ തത്രത്ര ഗന്ധാവിയാണ് വ്യാപകാഭാവിയ വ്യാപ്ത എത്രയെത്ര പാകത അനുഷ്ഠാസീതസ്പർശ ഭാവം എന്ന് പറയുമ്പോ ഇപ്പൊ അദ്വൈതിക്ക് സമ്മതമായി ഈ വ്യാപ്തിയിൽ അദ്ധൈനിക്ക ദോഷമൊന്നുമില്ല അതേസമയം അപാകമായ അനുഷ്ഠാസീത സ്പർശം വായുവിന് ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും അനുഷ്ഠാചീത സ്പർശ ശ്രദ്ധിച്ചു അധ്വാനിക്കുക വേണ്ടത് വ്യാപ്തിയും ശരിയായി അനുഷ്ഠാസീത സ്പർശ ശ്രദ്ധിച്ചു അപ്പം ഇത് സമ്മതമാണ് എത്ര എത്ര പാക അനുഷ്ഠാസീത സ്പർശ ത്രുഷ്ഠാസിതസ്പർശാഭാവു അപാകനുഷ്ഠാസിത സ്പർശ അനുഷ്ഠാസിത സ്പർശാ ഭാവ അപാകനുഷ്ഠാസിതസ്പർശ ഇങ്ങനെ ഒരു വ്യാപ്തി പറയാം ഇപ്പൊ താർക്കികേനെ കൊണ്ടുതന്നെ പറയിപ്പിക്കാൻ വേണ്ടിട്ടാണ് ആദ്യം എന്ത് പറഞ്ഞത് എത്ര ഗന്ധാഭാവ തനുഷ്ഠാസിത സ്പർശാഭാവ എന്ന് പറഞ്ഞത് തെറ്റാണെങ്കിലും അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ട് താർക്കിയിൽ ഇങ്ങനെ വന്ന് പറയുന്നു നിങ്ങൾ പറഞ്ഞ് ശരിയല്ല ശരി ഇതാണ് എത്രയെത്ര പാകജ അനുഷ്ഠാസീത സ്പർശ അത്ര ഗന്ധ എത്ര എത്ര ഗന്ധാവനുഷ്ഠാസീത സ്പർശ അഭാവ എന്ന് പറയുമ്പോൾ എന്തൊരു ഒരു സ്ഥലത്ത് അനുഷ്ഠാസീത സ്പർശം കിട്ടും അത് പാകജമല്ലെന്നേ ഉള്ളൂ അനുഷ്ഠാസീത സ്പർശം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഇരി ചാടി വീഴുകയാണ് അങ്ങനെയാണെങ്കിൽ അദ്വൈതി പറയുന്നു ഇപ്പം ശരിയായി എങ്ങനെയാണ് എത്രയെത്ര പാകജ നീലരൂപ അത്ര ഗന്ധ എത്രയെത്ര ഗന്ധാഭാവ പാകജ നീലരൂപ യഥാതമസ് അദ്വൈതപക്ഷത്തുന്ന് മനസ്സിലായോ ആദ്യം മനഃപൂർവ്വ ഒരു തെറ്റ് പറഞ്ഞിട്ട് തർക്കീനെ കൊണ്ടത് തിരുത്തി ശരിയായ വ്യാപ്തി പറഞ്ഞ് ആ വ്യാപ്തിയെ സിദ്ധാന്തത്തിന് അനുകൂലമായി അദ്വൈതി ഉപയോഗിക്കുക എന്നുവെച്ചാൽ എതിരാളിയെ കൊണ്ട് ഉഴി ചാടിച്ചിട്ട് ജയിക്കുക ഇതൊക്കെ വാദത്തിന് സമ്മതമായ കാര്യങ്ങളാണ് അദ്വൈതി ജയിച്ചോ ജയിച്ചോ കാരണം അനുഷ്ണാശീതസ്പർശം कालिम നീലരൂപം അതാണ് പറയുന്നത് പാകജസൈവുണസന്ധാദിന ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തു പറയുന്നു സദ്ഭാവഗ്രാഹിണ പ്രത്യക്ഷ സമാനത്വ ഇവിടെയാണ് നിങ്ങളോട് നോക്കിക്കൊണ്ടുവരാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരെങ്കിലും നോക്കിയായിരുന്നു വ്യാഖ്യാനം ഹിന്ദി അർത്ഥം ആരെങ്കിലും നോക്കിയായിരുന്നു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു നോക്കാനായിട്ട് ആരെങ്കിലും നോക്കിയോ ഉം പഠിച്ചത് നോക്കി ഹിന്ദി നോക്കണമെന്ന് പറഞ്ഞു അതായത് ഇത്രയും പറയുമ്പോൾ എന്താണ് താർക്കികൻ്റെ പദാർത്ഥ വിവരണമനുസരിച്ചിട്ടാണ് ഇവിടെ ചർച്ച അപ്പോൾ താർക്കികനോട് പറയുകയാണ് ൃതിയിലുള്ളത് പാകജമായ നീലൊരുവുമാണ് ഗന്ധവും ഗന്ധമില്ലെങ്കിൽ പാകജമായ നീലൊരുവുമില്ല പക്ഷെ അപാകജമായ നീലൊരുവുണ്ടാകാം അപാക കേട്ടില്ല ഞാൻ മുഴുവൻ കേട്ടില്ല അപാകജമായ പാകജമായ നീലരൂപം തമസിലുണ്ടെന്ന് പറയും ആര് പറയുന്നു അത് അപ്പൊ ഇവിടെ താർക്കീയനോടാണ് പറയുന്നത് താർക്കീയന് പറയാം താർക്കീയന്റെ സിദ്ധാന്തമനുസരിച്ചു സംസാരിക്കുന്നത് ഞങ്ങള് എങ്ങനെയാണ് പാകജമായ അനുഷ്ഠാസീത സ്പർശവും അപാകജമായ അനുഷ്ഠാസീത സ്പർശവും അംഗീകരിക്കുന്നു അതുപോലെ ഞങ്ങൾ അപാകജമായ നീലരൂപവും പാകജമായ നീലരൂപവും അങ്ങനെ രണ്ടെണ്ണം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയാം സാർക്കേനോട് പറയണ്ടേ അദ്വൈതി പറയണം നീലരൂപ രണ്ടുണ്ട് പാകജവും അപാകജവും സാർഗീം പറയുന്നു അനുഷ്ഠാചിതസ്പർശ രണ്ടുണ്ട് പാകജവും അപാകജവും അത് ഞാൻ സമ്മതമായ കാര്യമാണ് പക്ഷേ നീലരൂപം എന്ന് പറയുന്ന രണ്ടെണ്ണം ഇല്ല ഞങ്ങളുടെ സിദ്ധാന്തത്തെ ഇല്ല രൂപം അന്യത്ര എവിടെയുണ്ട് നീലരൂപം നീലരൂപം വേറെ എവിടെയുണ്ട് വേറെ എവിടെയാളുള്ളത് ജലത്തിന്റെ രൂപം എന്താണ് തേജസ്സിന്റെ എന്താണ് വായുവിന്റെ എന്താണ് പിന്നെവിടെ നീലരൂപം വേറെവിടെയാണ് പാകജമായ നീലരൂപം അപാകജമായ നീലരൂപം ഇങ്ങനെ രണ്ടെണ്ണം ഞങ്ങൾക്ക് സമ്മതമില്ലാന്ന് ആര് പറയും കാർഗം പറയും അപ്പൊ ചോദിക്കുന്നു പാകജമായ നീലരൂപത്തിനും നിങ്ങൾക്ക് എന്താ പ്രമാണം പാകജമായ നീലരൂപം കാണുന്നു കൃതിയിൽ അതിനെന്താ പ്രമാണം പ്രത്യക്ഷം അങ്ങനെയാണെങ്കിൽ തമസില് കാണുന്ന നീലരൂപത്തിനും ചക്ഷിരന്തിനും തന്നെയാണ് പ്രമാണം നിങ്ങൾക്ക് നീലരൂപത്തെ ഒരിടത്ത് ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാമെങ്കിൽ മറ്റടുത്ത് എന്തുകൊണ്ട് ഗ്രഹിച്ചുകൂട അല്ലേ അപ്പം നീലരൂപത്തിൻ്റെ സദ്ഭാവം ഗ്രഹിക്കുന്നതിന് നിങ്ങൾ ചക്ഷുരേന്ദ്രത്തെ പ്രമാണമായി സ്വീകരിച്ചു അത് പൃഥിവിയിൽ അംഗീകരിക്കുന്നുണ്ട് തമസിൽ അംഗീകരിക്കുന്നില്ല എന്ന് ഇങ്ങനെ പറയാൻ പറ്റും അല്ലേ നീലൊരുപത്തെ ഗ്രഹിക്കുന്നതിൻ്റെ ഒരു പ്രമാണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെങ്കിലും അത് ഗ്രഹിക്കണം അല്ലേ പിന്നെ അത് പാകജമാണോ അപാകജമാണോ എന്നുള്ള കാര്യം പൃഥ്വിയിൽ പാകജമാണെന്നുള്ളത് നിങ്ങളുടെ സിദ്ധാന്തമാണ് അല്ലേ അപ്പം വേറെടുത്തും അത് പാകജമായിരിക്കില്ലല്ലോ അപ്പം തമസിലിരിക്കുന്ന എന്തായിരിക്കും അപാകജമായിരിക്കും അവിടെ ഇവിടെ പാകജമോ അപാകജമോന്നുള്ള നല്ല വിഷയം നീലരൂപത്തെ തമസിലെങ്ങനെ അംഗീകരിക്കും എന്നുള്ളതാണ് നീലരൂപത്തെ നിങ്ങൾ പൃഥ്വിയിൽ അംഗീകരിച്ചത് ചാക്ഷമായിട്ടാണെങ്കിൽ തമസിലും ചാക്ഷപ്രത്യക്ഷം സ്വീകരിക്കേണ്ടി വരും ഇതാണ് പറയുന്നത് മനസ്സിലായോ അപ്പോ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായെങ്കിൽ ഇനി നിങ്ങൾ ഹിന്ദി നോക്കിയിട്ട് വന്നാൽ മതി പഠിക്കാത്ത പഠിപ്പിക്കാത്തത് കൊണ്ട് നോക്കിയില്ലെന്നല്ലേ പറഞ്ഞു അടുത്തവണ വരുമ്പോൾ നോക്കിയിട്ട് വന്നാൽ മതി എന്താണ് പറഞ്ഞതും എന്താണ് ഹിന്ദി പറഞ്ഞിരിക്കുന്നത് എന്താണ് വ്യത്യാസം ശരി തൊന്നും ഉണ്ടാകട്ടെ എന്താ വ്യത്യാസം എന്ന് പറയുന്നത് സദ് സദ്ഭാവഗ്രാഹിണ പ്രത്യക്ഷസം ഏതെന്റെ സദ്ഭാവം നീലരൂപ സദ്ഭാവത്തെ ഗ്രഹിപ്പിക്കുന്നതായ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യക്ഷ പ്രമാണം ഉഭേത്ര സമാനത്വ ഉഭേത്ര എന്ന് പറഞ്ഞാൽ ഉഭേത്ര എന്ന് പറഞ്ഞാൽ എന്താണ് ഉഭയത്ര സമാനത്വ പൃഥ്വിയിലും തമസ്സിലും പൃഥ്വിയിലും തമസിലും എന്തുകൊണ്ട് സദ്ഭാവം എന്തിന്റെ സദ്ഭാവം നീലരൂപത്തിന്റെ സദ്ഭാവത്തിനെ ഗ്രഹിപ്പിക്കുന്നതായ പ്രത്യക്ഷ എന്ന് പറയുന്നത് ഉഭയത്ര രണ്ട് സ്ഥലത്തും സമാനമാണോ എവിടെ രണ്ടു സ്ഥലത്തും പൃഥിവിനും തമസിലും അപ്പൊ പൃഥിവിയിലെ കൊണ്ട് ഞങ്ങൾ നീലരൂപത്തെ ഗ്രഹിക്കും തമസില് പ്രത്യക്ഷ കൊണ്ട് നീലരൂപത്തെ ഗ്രഹിക്കില്ല എന്നിങ്ങനെ പറയാൻ പറ്റും ടുത്തും തുല്യമാണ് എന്ന് സമാനം പറഞ്ഞു കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതിന് നിങ്ങൾക്ക് വിട്ടിരിക്കണം അടുത്ത ക്ലാസ്സിൽ വരുമെന്ന് പറയും ഇനി പഠിപ്പിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ നോക്കിയില്ല എന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് എന്താണ് കാർഗികം പറയുന്നത് തമസിക്കാണുന്ന നീലരൂപം ഒരു ഭ്രമമാണ് ഇപ്പൊ പറയുന്നു അങ്ങനല്ല പൃഥ്വി കാണുന്ന നീലരൂപം ചാക്ഷപ്രത്യക്ഷമാണെങ്കിൽ തമസിക്കാണുന്ന നീലരൂപവും ചാക്ഷുഷൻ തന്നെ ഈ ഭ്രമമായിട്ട് ഒരു നീലരൂപം കാണുന്നതിനെ കുറിച്ച് കാർഗികന്റെ വിശദീകരണം എന്താണ് ഉം ആകാശത്തിന്റെ നീലരൂപം കാണുന്ന രൂപരഹിതമാണ് ആകാശം പക്ഷെ ആകാശം നീലമായി കാണുന്നു അതുപോലെ ഭ്രമത്തിന്റെ കാരണമൊക്കെ ഒരുപാട് പല കാരണങ്ങളും പറയുന്നുണ്ട് പല പല കാരണവും സങ്കീർണമായ വിഷയമാണ് ഭ്രമകാരണം തിരുപാതിക ഭ്രമം സ്വാഭാവിക ഭ്രമം അവിടെയൊക്കെ കാരണങ്ങൾ പറയാൻ പോയാൽ ഒരുപാട് സംഗതികളുണ്ട് ഭ്രമാണെന്ന് അംഗീകരിച്ചാൽ കാരണം കണ്ടെത്താൻ വലിയ പ്രയാസം ഒന്നും ആകാശത്ത് നീലഭ്രമുണ്ടാകുന്നു കാരണം കണ്ടെത്താൻ പലതും കാണും കാരണം കണ്ടെത്തുക എന്നുള്ളത് ഭ്രമമാണോ യഥാർത്ഥമാണോന്നുള്ളതാണ് തുടക്കത്തിൽ ചർച്ചയിൽ തുടങ്ങുമ്പോൾ തന്നെ എന്ത് പറഞ്ഞു തുടക്കം എങ്ങനെയായിരുന്നു ഭാവം തുടക്കം ഓർമ്മയല്ലേ തുടക്കത്തിൽ പറഞ്ഞത് എന്നുവച്ചാ അപ്രതീതു വേവ അയം പ്രതീതി ഭ്രമ അവിടെ തുടങ്ങിയത് ഇതൊരു പ്രതീതിഭ്രമമാണ് ഈ പ്രതീതി ഭ്രമം എന്ന് പറയുന്നത് പ്രാഭാകരന്മാരാണല്ലോ പ്രാഭാകരന്മാരും പറയും ഭ്രഹ്മെന്ന് പറയും താർക്കീയനും അത് തന്നെ പറയും പ്രാഭാകരനും ബ്രഹ്മെന്ന് പറയുമെങ്കിലും കുറച്ച് പ്രയാസമാണ് താർക്കികനെ കുറിച്ച ധൈര്യമായിട്ട് പറയും ഭ്രമമാണ് പ്രാഭാകരൻ ഭ്രമത്തെ അംഗീകരിക്കുന്നുണ്ട് ഉദ്ധാന്തദൃഷ്ടി അദൃഷ്ടം അദൃഷ്ടിയാണ് കാഴ്ച ഇല്ലാണതല്ലേ എന്നിട്ടാണ് വേറെ ഭ്രാന്തമായ കാഴ്ച വരുന്നു കാഴ്ചയില്ല ഒന്നും കാണുന്നില്ല അദൃഷ്ടോധാന്തദൃഷ്ടി കാണാതിരിക്കുമ്പോ എന്ന് പറയുന്നു എന്തോ കണ്ടെന്ന് മനസ്സിലായോ ഇരുട്ടെന്ന് പറഞ്ഞ ഒന്നും കാണുന്നില്ല എന്നിട്ട് ഞാൻ പറയതാ എന്തോ കണ്ടെന്ന് എന്താ കണ്ടെന്നു ഒന്നും കണ്ടേ ഭരൻ പറയുന്ന ശരി പക്ഷേ രജ്ജു സർപ്പത്തിൽ അത് വേറെ അത് ശരിക്കും ഭ്രമം ഇവിടെ അദിഷ്ടവും ദ്വന്ദ്ദൃഷ്ടി ദൃഷ്ടിയേ ഇല്ല എന്നാലും പറയുന്ന ഇരുട്ടെന്ന് ഇരുട്ടെന്നെ കണ്ടൊന്നും കാണാത്തടത്തന്നെ കാണുന്നു നിങ്ങള് ഇരുട്ടി നോക്കിട്ടെന്താ പറയുന്നു ഒന്നും കണ്ടില്ലെന്ന് പിന്നെന്താ ഇരുട്ടിനെ കണ്ടത് ഒന്നും കണ്ടില്ലല്ലോ വേറെ വസ്തുവീനെ അവിടെ പറയുന്നുണ്ടത് ഏഹ് എാമില്ല ക്ഷാമം ഉണ്ടായിട്ട് വേണ്ടി ഒന്നും കാണുന്നില്ലാത്തേനെ നിങ്ങൾ പറയുന്ന എന്താണ് ഇരുട്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇരുട്ടാണ് കുറ്റ കുറ്റ ഒന്നും കാണാൻ വയ്യ കുറ്റ കുറ്റം ഇരുട്ട് കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട് എന്നൊക്കെ അല്ലേ പറയുന്നത് എന്നിട്ടൊന്നും കാണുന്നില്ലന്നേ ഉള്ളൂ പിന്നെ അവിടെ ഒരു പദാർത്ഥം കൊണ്ടുവരിക എന്തുകൊണ്ട് കാണുന്നില്ല വളരെ സീത സാധ എന്ത് പറയുന്നു പ്രകാശമില്ല സീതാ സാദ പ്രകാശം അപ്പൊ ഇതൊക്കെ വിശദമായി നോക്കിയിട്ട് ഒരുപാട് അടുത്ത വേണോരുമ്പോ ഞാൻ ചോദിക്കും എന്താണെന്ന് സദ്ഭാവഗ്രഹണ പ്രത്യക്ഷ സുബേദർമാൻ സ്പർശാഭാവ തമസോ രൂപ ഋഗഗ്രഹ പ്രത്യക്ഷ വിരോധി ഹേതു കാതിഷ്ടയാ തദ് അനുമാന അനുദയാ അപ്പൊ ഇവിടെ ഒരനുമാനം നടത്തിയു തമ സ്പർശാഭാ അനുമാനം നടത്തേണം തമഹ രൂപാ രൂപഭാവർ ആകാശത്ത് നോക്കുക ആകാശത്തെ നോക്കുക ഏതുഭാവം സ്പർശാഭാവം ആകാശത്തിണ്ടോ സാധ്യമെന്താണ് രൂപാഭാവം ആകാശത്യുണ്ടോ സ്പർശാഭാവമുണ്ട് രൂപാഭാവമുണ്ട് പക്ഷോടെ എന്താണോ തമഹ സാധ്യമെന്താണോ രൂപാഭാവം തോമസിന്റെ രൂപാഭാവം വന്നു തമസിന്റെ അനുമാനം കൊണ്ട് സിദ്ധിച്ചു കാർക്കികന്റെ അനുമാനമാണ് അനുമാനം കൊണ്ട് രൂപാഭാവത്തെ സൃഷ്ടിച്ചപ്പോ അദ്വൈതി പറയുന്നു ആ അനുമാനം കയ്യിൽ വെച്ചാൽ എന്തുകൊണ്ട് പ്രത്യക്ഷമായിട്ട് രൂപത്തെ ഞങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അനുമാനം ബാധിതനായി എന്തുകൊണ്ട് പ്രമാണാന്തരണം സാധ്യ അഭാവം നിശ്ചിത സാധ്യാഭാവം നിശ്ചയിച്ചു നിങ്ങൾ എന്ന രൂപാഭാവം ഒന്നും ഇവിടെ അതല്ല ൂപം കാണുന്നുണ്ട് വന്യരനുഷ്ണഹ ദ്രവ്യത്വാദെന്ന് പറയും പോലെയാണ് വന്യയിൽ പറയുന്നു വന്യരനുഷ്ണഹ ദ്രവ്യത്വമാണ് അപ്പോൾ അനുമാനം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിലും വന്യര് അനുഷ്ണഹ ദ്രവ്യത്വ ജലവത് നിങ്ങളുടെ ശരിയായി ജലം ദൃഷ്ടാന്തം അവിടെ ദ്രുവ്യത്വം അതുകൊണ്ട് ഭക്ഷണമായ വന്യയിൽ അനുഷ്ഠമുണ്ട് എന്ന് പറയാം പ്രത്യക്ഷ പ്രമാണം കൊണ്ട് എന്ത് സിദ്ധിക്കുന്നു വന്യയിൽ ഉഷ്ണ അതുപോലെ നിങ്ങൾ പറയുന്നത് തമഹ രൂപാഭാവത് സ്പർശാഭാവത് ആകാശവത് പ്രത്യക്ഷമായി അവിടെ കാണുന്നുണ്ട് എന്താണ് ൂപം കാണുന്നുണ്ട് നീല രൂപം അതാണ് കാലാത്യ അപതിഷ്ഠം എന്ന് പറയുന്നത് കാലാത്യൻ എന്ന് പറയുന്ന ഇതാണ് ബാധ അതിനാൽ ബാധിതനായി നിങ്ങളുടെ അനുമാനം പ്രത്യക്ഷ കൊണ്ട് ബാധിതമായി അനുമാനം ശരിയല്ല കൊണ്ടത് ശരിയല്ല എന്ന് പറയുന്നു ഒഴിവാക്കുന്നു ഏത് പ്രമാണം വന്നിന്റെ അന്വേഷണ ദ്രവ്യത്വ ഏത് പ്രത്യക്ഷം കൊണ്ടാണ് ബാധ്യത ബാധക പ്രത്യക്ഷം പ്രത്യക്ഷമല്ല അനുമാന പ്രയോഗം നടത്തുമ്പോൾ അനുമാനത്തിന്റെ സാധ്യത്തെ പ്രത്യക്ഷം കൊണ്ട് അതിന്റെ സാധ്യ അഭാവത്തെ സിദ്ധിച്ചത് അനുമാനത്തിന്റെ സാധ്യം ബാധിതമായി അനുമതി ബാധിതമായി മനസിലായോ കുറവക്ഷി പറയുന്നു അനുമാനത്തിലൂടെ പറയുന്നു താർക്കികം പറയുന്നു തമസൽ രൂപമില്ല അനുമിതിയാണ് തമരൂപാഭാവ് ഞങ്ങൾ പ്രത്യക്ഷമായി കാണുന്നു ഞങ്ങളുടെ പ്രത്യക്ഷം ജ്ഞാനം കൊണ്ട് നിങ്ങളുടെ അനുമതി ബാധിതമായി നിങ്ങളുടെ പ്രത്യക്ഷം എന്താ തമഹ രൂപവത് നിങ്ങളുടെ അനുമതി എന്താ തമഹ തമഭാവത് അത് നിങ്ങളുടെ സാധ്യമായ രൂപഭാവം ആ സാധ്യത്തിന്റെ രൂപം അത് പ്രത്യക്ഷ പ്രമാണത്തിൽ ശ്രദ്ധിച്ചു ആണ് യധ്യാവം പ്രേ പക്ഷേ നിശ്ചിത സ ബാധിത യഥാർത്ഥ അനിഷ്ണഭാവണ പ്രത്യക്ഷ പ്രമാണ ഗൃഹ്യത്തെ ബാധിത എന്നുള്ളത് പറയുന്നു എന്നുവെച്ചാൽ സ്പർശഭവാ തമസോ രൂപത്വഭാവ സ്പർശാഭാവം കൊണ്ട് തമസ്സിന് രൂപത്വഭാവത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു അനുമാനപ്രയോഗം വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ശരിയല്ല എന്തുകൊണ്ട് രൂപഗ്രാഹക പ്രത്യക്ഷ വിരോധി ഹേതുഹോ രൂപാപഗ്രാഹക പ്രത്യക്ഷ വിരോധി രൂപഗ്രാഹകമായ പ്രത്യക്ഷത്തിന് വിരോധം വരുന്നു നിങ്ങളുടെ അനുമതി അതുകൊണ്ട് ഹേതോ കാലാത്യ അപധിഷ്ഠതയ ഹേതുവിൽ കാലഅത്യ അപധിഷ്ഠത വരുന്നെച്ച ബാധിതത്വം വരുന്നു <Kala> tum, tia, Tada, ും ബാധിതത്വം വരുന്നത് കൊണ്ട് അനുമാന അനുദയാണ്ടെങ്കിൽ ബാധിതം തദ്ഭാവം എന്ന് പറഞ്ഞാൽ തദ്ഭാവം तद भाव हनुमान शुभ भाव अनुमान अनुदया शुभ भाव अनुमानम संभाविकेतला नर्थ ओ पूर्णमद पूर्णमद पूर्णार्थ पूर्णमदच्छदे पूर्णस्य पूर्णमादाय पूर्णनिर्वावसिते ഓം ശാതി ശാന് ശാന്തി ഓം ശ്രീ ഗുരുഭോ നമ ഹരി ഓം